ཀ�ར ཧྂ ཕྭས དས ནྭྭག པས སྭས བྭུར དག བྭང བ བྭུར དང ജ സംോ ബൃഹസ്പതിന്രു ണേ നമസ്തേ വായോ ക്ഷം ബ്രഹ്മാസിമേ പ്രത്യക്ഷം വൃത്തം വരിഷ്യമി സത്യം വതിഷ്യമി തന്മാമത് തിഷ്യാമ <simitation> അത <simitation> <simitation> മതിഷ്യാമി സത്യം മതിഷ്യാമി വ്രതം എന്നാണ് സത്യം എന്ന് തന്നെ അർത്ഥം പലയിടത്തും ഭാഷകാരനും തന്നെ വ്രതം സത്യം എന്നടുത്തടുത്ത് വരുമ്പോൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനം ചെയ്യും ഇവിടെയാണ് എന്നെ ചെയ്യുന്ന അർത്ഥം യഥാശാസ്ത്രം കർത്തവ്യം ബുദ്ധി സുപരിനിശ്ചിതം അർത്ഥം ശാസ്ത്രം യഥം ബു സുപരിനിശ്ചിതം അർത്ഥം ബുദ്ധിയും അർത്ഥം അതാണ് ഇവിടെ ഭാഷകാരണ അർത്ഥം എന്ന് പറയുന്നത് ബോധ്യപ്പെട്ട വസ്തു സുപരിനിശ്ചിതം നിശ്ചയരൂപത്തിൽ ബുദ്ധിയിൽ ബോധ്യപ്പെട്ടത് നിശ്ചയം എന്ന് പറയുമ്പോൾ അവിടെ സംശയം വരാൻ പാടില്ല ഭ്രമമായിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള വസ്തു അങ്ങനെയുള്ള സത്യം ബുദ്ധിക്ക് എങ്ങനെ ബോധ്യപ്പെടുന്നു അതിന് പറയും ചെയ്ത ശാസ്ത്രം ശാസ്ത്രത്തിന് അനുസരിച്ചിട്ടുണ്ട് ശാസ്ത്രം ഇവിടെ വേദം അപ്പൊ വേദത്തിൽ നിന്നും ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന അർത്ഥം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാകർത്തവ്യം അതും സത്യമാണ് വേദത്തിൽ നിന്നും ബോധ്യപ്പെടുന്നു എന്താണ് കർത്തവ്യം വേദത്തിൽ നിന്ന് ശാസ്ത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കുന്നു അതിലെന്താണ് കർത്തവ്യം എന്നും മനസ്സിലാക്കുന്നു വേദയുടെ പൂർണ്ണവേദമാണ് കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും ശ്രുതി സത്യത്തെയാണ് ബോധിപ്പിക്കുന്നത് കർമ്മകാന്ഡത്തിൽ അത് സത്യത്തെ ബോധിപ്പിക്കുന്നു ജ്ഞാനകാന്ഡത്തിൽ അത് സത്യത്തെ ബോധിപ്പിക്കുന്നു മനകണ്ഡത്തിൽ ബോധിപ്പിക്കുന്ന സത്യം അത് പരമാത്മാകും കർമ്മകണ്ഡത്തിൽ ബോധിപ്പിക്കുന്ന സത്യം അത് കർമ്മവും അതിൻ്റെ ഫലവും അതങ്ങനെ സത്യമാകും വേദം കർമ്മവും ഫലവുമായിട്ടുള്ള ബന്ധത്തെ ബോധിപ്പിക്കുന്നു വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ശ്രദ്ധയുള്ളവനെ ചെയ്യാൻ കഴിയും ശ്രദ്ധയോടുകൂടി ചെയ്യുന്നവന് അതിന്റെ ഫലം അവശ്യം പ്രാപ്തമാകുന്നു അതുകൊണ്ടാണ് സത്യം കർമ്മം ചെയ്ത് കർമ്മം പൂർണ്ണമാകുക ഫലം ലഭിക്കാതെ വരിക അങ്ങനെ സംഭവിക്കുന്നില്ല വേദത്തിൽ പറയുന്ന കർമ്മങ്ങളും അതിൻ്റെ ഫലവുമായിട്ടുള്ള ബന്ധം മനുഷ്യബുദ്ധിക്ക് ഗ്രാഹ്യമായ ഒന്നാൽ പലപ്പോഴും ഫലം അതീന്ദ്രിയമായിരിക്കും ഫലത്തെ ഉണ്ടാക്കുന്നത് അതിഷ്ടങ്ങളാണ് അധിഷ്ടഫലം പോലും അതിഷ്ടത്തിലൂടെയാണ് സംഭവിക്കുന്നത് ലൗകിക കർമ്മവും വൈദിക കർമ്മവുമായിട്ടുള്ള വ്യത്യാസം ലൗകിക കർമ്മം എന്താണോ ഒരു വാഴ നടന്നു അതിൻ്റെ ഫലം ഉണ്ടാകും ിഷ്ടഫലം കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം പ്രത്യക്ഷം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമുണ്ടാകും വൈരി കർമ്മം അങ്ങനെ ജ്യോതിഷമം ചെയ്യുന്നു അത് ആ പ്രവൃത്തിയോടുകൂടി അവിടെ അവസാനിപ്പിക്കുന്നു പക്ഷെ ഫലം പിന്നീട് ലഭിക്കുന്നു സ്വർഗമാണെങ്കിൽ അത് അതീന്ദ്രിയമായിരിക്കുന്നു അല്ലെങ്കിൽ ഭാവിയിൽ ലഭിക്കുന്നു പശുപുത്രാദികളൊക്കെ ആണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ലഭിക്കുന്നു എന്തായാലും ഈ കർമ്മവും അതിന്റെ ഫലവുമായിട്ടുള്ള ബന്ധം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നുണ്ട് ഈ കർമ്മത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഫലം ഉണ്ടാകുന്നു മനുഷ്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെപ്പറയുന്നത് അധിഷ്ടം ആ കർമ്മത്തെയും ഫലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിഷ്ടം എന്ന് പറയുന്ന ഈ വേദവാക്യങ്ങൾ ാണ് ബോധിപ്പിക്കുന്നതെന്നാണ് മീമാംസകരൻ ഏറെ രംഗം പറയുന്നത് എന്താണ് വേദവാക്യങ്ങളുടെ വിധിവാക്യങ്ങളുടെ താല്പര്യം അതുപോലെ അത് അധിഷ്ഠത്തെ ബോധിപ്പിക്കുന്നു എങ്ങനെ അധിഷ്ഠമാണ് കർമ്മത്തെയും ഫലത്തെയും ബന്ധിപ്പിക്കുന്നത് അസത്യമാണ് അങ്ങനെയൊന്നുണ്ട് അതുകൊണ്ട് വേദം സത്യത്തെ ബോധിപ്പിക്കുന്നുള്ളു അത് കൃതമായി അതാണ് യഥാശാസ്ത്രം യഥാകർത്ത കർത്തവ്യത്തെ ബോധിപ്പിക്കുന്നു യാഗാദികൾ അത് സത്യമാണ് എന്തുകൊണ്ട് അവശ്യമായി അതിന്റെ ഫലത്തെ ഉണ്ടാക്കുന്നു മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ ശാസ്ത്രത്തിൽ നിന്നാദ്യം കർമ്മത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടാകുന്നു ഫലത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടാകുന്നു അവിടെ പ്രവർത്തിക്കുന്നു അതുപോലെ ഉപാസനങ്ങളെ സംബന്ധിച്ച് ഉത്തരകണ്ഡത്തിലാണെങ്കിലോ അവിടെ ആത്മതത്വത്തെ പറയും അവിടെ ശാസ്ത്രത്തിൽ നിന്നും ആത്മതത്വത്ത് വിരഹിക്കുന്നു അവിടെ കർത്തവ്യമായിരിക്കും ശ്രോണമല്ലാതി സാധനങ്ങൾ അവിടെ കർത്തവ്യമായിരിക്കും രണ്ടായാലും ശരി സുപരിനിശ്ചിതം അർത്ഥം അത് ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നു അതാണ് ഋതം സത്യം തദ്ധീനവും ബ്രഹ്മത്തിനധീനമാണ് കർമ്മഫലം അത് ബ്രഹ്മത്തിനാധീനമാണ് സർവസാധനകളുടെയും ഫലം മോക്ഷഫലം മോക്ഷത്തെയും മോക്ഷത്തെ ഫലമായി സ്വീകരിക്കുന്നില്ല എന്നാൽ അതിനൊരു ഫലമായി സ്വീകരിക്കുന്ന പക്ഷം അതും എന്താണോ ത്വദധീന നമോ ബ്രഹ്മണേ ബ്രഹ്മത്തെസ്വദിക്കാം ബ്രഹ്മത്തിന് അധീനമായിരിക്കുന്നതുകൊണ്ട് ത്വാമിവധിഷ്യാമി നിന്നെ തന്നെ സത്യമെന്ന് പറയുന്നു അല്ലെങ്കിൽ ആ സത്യം നിന്നെ തന്നെ വെളിപ്പെടുത്തുന്നു സർവ്വകർമ്മങ്ങളും സർവ്വ ഫലങ്ങളും നിന്നെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് നിന്നെ സത്യമെന്ന് പറയുന്നു അർത്ഥം എന്ന് പറയുന്നു ഇനി അടുത്ത് സത്യത്തെക്കുറിച്ച് പറയുന്നത് സത്യമിതിഷ്യാമി ശരീരൊണ്ട് നിർവഹിക്കപ്പെടുന്നതായ സർവതും ഇതും വൈദികത്തെ കുറിച്ചാണ് പറയുന്നത് വൈദിക കർമ്മം മുഖ്യമായും രണ്ട് തരത്തിലാണ് വാചികം രണ്ടാമത് കായികം കായികമായ കർമ്മങ്ങൾ ചെയ്യുന്നു യാഗാദികൾ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നു ഇതുകൊണ്ട് സമ്പാദ്യമാണ് നിഷ്പന്നമാകുന്ന കർമ്മങ്ങൾ അതെന്താണ് സ്വാഭിത്വത അധീന ഇവ സമ്പാദ്യ അതും ബ്രഹ്മാധീനമായ അത് രൂപപ്പെടുന്നുള്ളു സമ്പാദ്യമാകുന്നുള്ളു അതുകൊണ്ട് ത്വാമേവ സത്യം വധ്യം അതുകൊണ്ട് ഇതിന്റെ സത്യം എന്ന് പറയുന്നുണ്ടാകുന്ന അറിവ് ശാസ്ത്രത്തിൽ നിന്ന് ബോധിക്കുന്ന പ്രവൃത്തി ഇതെല്ലാം സത്യമാണ് അതിന് റതം എന്നും പറയുന്നു ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിക്കുമ്പോൾ അത് കർത്തവ്യമായി വരുമ്പോൾ അതിനെ വൃതമൊന്നും അതനുഷ്ഠിച്ച് കർമ്മരൂപത്തിൽ അത് നിഷ്പന്നമാകുമ്പോൾ അതിനെ സത്യവും അങ്ങനെ രണ്ടു തരത്തിലതിനെ വ്യാഖ്യാനിക്കുന്നു അതിന്റെ അറിവും അതിൻ്റെ അനുഷ്ഠാനം ഇതിനെ സത്യമാണ് അസത്യം എന്ന് പറയുന്നു കാരണം സർവവും വേദമൂലകമാണ് വേദത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് ഇവിടെ പറയും തത്മകം വായുവാക്യം ബ്രഹ്മ മയം സ്തുതം സൻ മാം വിദ്യം അവർവാത്മകം വായുവാക്യം ബ്രഹ്മ സർവാത്മകമായിരിക്കുന്ന വായു എന്ന് പറയുന്ന ബ്രഹ്മം എന്നുവെച്ചാൽ വായുരൂപത്തിൽ പ്രകടമായിരിക്കുന്നു ബാഹ്യമായി വായുരൂപത്തിലും ആന്തരികമായി പ്രാണരൂപത്തിലും പ്രകടമായിരിക്കുന്ന ബ്രഹ്മം മയ സ്തുതം അതാണ് അതിന് ഞാൻ സ്തുതിച്ചിരിക്കുന്നു വായുവിനെ വായുവായിട്ടുള്ള ബ്രഹ്മമായി കൊണ്ട് സ്തുതിച്ചിരിക്കുന്നു അതിന് അപ്രത്യക്ഷമായ ബ്രഹ്മ മാം വിദ്യാർത്ഥിനം അവത്തോ വിദ്യയെ രക്ഷിക്കട്ടെ വേദം രണ്ടു കൂട്ടിനും ചൊല്ലുന്നുണ്ട് ആചാര്യനും ചൊല്ലുന്നുണ്ട് വിദ്യാർത്ഥിയും ചൊല്ലുന്നുണ്ട് ചില ഭാഗങ്ങൾ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ചില ഭാഗങ്ങൾ രണ്ടു കൂട്ടർക്കും വേണ്ടിയാണ് ഇതിപ്പോ വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രം പറയുകയാണ് അവത്തു മാം അവയുന്നു വക്താവിന് ഉപദേഷ്ടാവിന് ചില ഈ പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വിദ്യാർത്ഥിനും അവത് അത് പുനർവചനം ആദരാർത്ഥം വക്താവിനെ ഉപദേശിക്കുന്നവനെ അവതു മാം എന്ന് പറഞ്ഞു പിന്നെ വക്താവെന്നും പറഞ്ഞു അപ്പൊ ഉപദേശിക്കുന്നവൻ ഇത് രക്ഷിക്കട്ടെ ഈ വിദ്യയെ അർഹിക്കുന്നവനായ എന്നെ ഇത് രക്ഷിക്കട്ടെ വിദ്യ ഗ്രഹിച്ചവനായ ഗുരുവനെ രക്ഷിക്കട്ടെ വിധി പുനർവചനം ആദരാർത്ഥം അത് രണ്ടു കൊണ്ട് പറഞ്ഞു അത് ആദരവിനെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി വേദത്തോടുള്ള ആദരവ് ആ വിദ്യയോടുള്ള ആദരവ് ആ സത്യത്തോടുള്ള ആദരവ് സാധനയോടുള്ള ആദരവ് ഇതിൻ്റെ എല്ലാം ഫലത്തോടുള്ള ആദരവ് ഈ ആദരവിനെ കാണിക്കുന്നതിനു വേണ്ടി അതിലുള്ള ശ്രദ്ധയെ കാണിക്കുന്നതിന് വേണ്ടി അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ത്രിവചനം ആധ്യാത്മിക ഉപസർഗാണം ആവർത്തിക്കുന്നു ത്രിവചനം മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നു അത് ആധ്യാത്മികം ആദ്യഭൗതികം ആദ്യ ദൈവികമായ വിദ്യാപ്രാപ്തിക്കുള്ള ഉപസർഗങ്ങൾ വിഘ്നങ്ങൾ വിദ്യാപ്രാപ്തിക്ക് അനേക വിഘനങ്ങളാണ് വിദ്യാപ്രാപ്തിക്ക് വേണ്ടിയാണ് ഇവിടെ ഇത് വിദ്യാർത്ഥി ഇതിനെ അനുഷ്ഠിക്കുന്നത് പക്ഷെ അത് ശ്രവണമനനം നീതിഹാസനങ്ങളെല്ലാം ഉപസർഗങ്ങളുണ്ടെങ്കിൽ ഉപസർഗം എന്ന് പറഞ്ഞാൽ വിൽക്കണം തടസ്സം അതെങ്കിലെല്ലാം നിഷ്ഫലമായി തീരുന്നു പ്രയത്നം ഉണ്ട് ഫലമുണ്ടാകുന്നില്ല അവിടെയാണ് ഉപസർഗം വിൽക്കണം കാരണമായിരിക്കുന്നു നമ്മൾ പരാതി പറയുന്നു അതാണ് പ്രയത്നിക്കുന്നു ഫലം ഉണ്ടാകുന്നുണ്ടോ ഇപ്പൊ പ്രയത്നിച്ചാൽ ഫലം ഉണ്ടാകേണ്ടതാണല്ലോ ഭക്ഷണം കഴിച്ചാൽ തൃപ്തി വരുന്നു സാധാരണഗതിയിൽ മാറ്റം കാണാറുണ്ട് പക്ഷെ ചില സമയത്ത് ഭക്ഷണം കഴിച്ചാൽ തൃപ്തി വരാതിരിക്കും എന്തെങ്കിലും അവിടെ തടസ്സങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പോരായ്മകളുണ്ടായാൽ അതൊരു പ്രസർഗം തൃപ്തിക്ക് വിഘ്നമായുള്ളൂ അതുപോലെ ശ്രവണ മനണങ്ങൾ അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നവനും ഫലം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആശിച്ച ഫലം ഉണ്ടാകുന്നില്ല എന്താണ് ഫലത്തിനവിടെ തടസ്സമായിരിക്കുന്ന ഉപസർഗങ്ങൾ വിഘ്നങ്ങൾ അത് ഇല്ലാതാകുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഉപാസനയാണ് ധ്യാനമാണ് ഈ ശാന്തി ശാന്തി എന്നുള്ള ഉപാസന അപ്പം ശാന്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിഘ്നം നശിക്കുന്നത് വിഘ്നങ്ങൾ ആന്തരികമാണ് വിഘ്നങ്ങൾ സംസ്കാര രൂപത്തിലാണ് അദിഷ്ടരൂപത്തിലാണ് ഇരിക്കുന്നത് ശാന്തി എന്ന് വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന അദിഷ്ടങ്ങൾ എങ്ങനെ നശിക്കും പ്രായശ്ചിത്വം കൊണ്ട് പാപം നശിക്കുന്നു എന്ന് പറയുന്നു എങ്ങനെയാ പ്രായശ്ചിത്തം കൊണ്ട് പാപം നശിക്കുന്നു അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ത്വദധീന ഏവ സമ്പാദ്യ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഈശ്വരാധീനമായി സമ്പാദ്യമായതാണ് പറഞ്ഞല്ലോ ഇത് ഉപാസനയാണ് ശാന്തി ശാന്തി ശാന്തി എന്ന് പറയുന്നത് ഉപാസനയാണ് ഉപാസന എങ്ങനെ വിഘ്നത്തെ നശിപ്പിക്കും അതെങ്ങനെ പ്രവർത്തിക്കുന്നു അത് ത്വദധീന അതവിടെയാണ് അങ്ങനെയുണ്ട് ഈശ്വരാധീനമാണ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രായശ്ചിത്വം പാപവുമായിട്ടൊരു ബന്ധമുണ്ട് ബ്രഹ്മഹത്യാ പാപം ചെയ്യുന്നു അതിനും പ്രായശ്ചിത്വം വിധിച്ചിരിക്കുന്നു അപ്പോൾ ആ പ്രായശ്ചിത്വം കൊണ്ട് അതിന്റെ പാപം നശിക്കുന്നു അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു അത് ഈശ്വരാധീനമായി സംഭവിക്കുന്നു അതിഷ്ടം അതിഷ്ടത്തെ നശിപ്പിക്കാനുള്ള ഉപാസനയിൽ നിന്ന് അതിഷ്ടമുണ്ടാകുന്നു ആന്തരികമായ സംസ്കാരം ഉണ്ടാകുന്നു ആ സംസ്കാരം പുണ്യ സംസ്കാരം ഈ ഉപാസന ശാന്തി ഉപാസന ഇതിനാവർത്തിക്കുന്നു ഈ ഉപാസനകൾ അന്ധകരണത്തിൽ അനന്തമായ സംസ്കാരത്തെ ഉണ്ടാകുന്നു ഈ സംസ്കാരം അദൃഷ്ടരൂപത്തിൽ ഇരിക്കുന്ന പാപ സംസ്കാരത്തെ നശിപ്പിക്കുന്നു ആ പാപ സംസ്കാരങ്ങളാണ് ഉപസ്രങ്ങളായി വിദ്യക്ക് തടസ്സമായിരിക്കുന്നത് അതാണ് ഉപാസനയുടെ പ്രയോജനം വേദാന്ത ശ്രവണം സന്ദർഭമാണ് ഇവിടെ ബ്രഹ്മാനന്ദ അതാണ് മുഖ്യമായി ചർച്ച ചെയ്ത് അതിനുമ്പോൾ ഉപാസനയെക്കുറിച്ച് എന്തിനു പറയണം ഇത് തന്നെയാണ് കാരണം കാരണം ശ്രവണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഫലം കാണുന്നില്ല തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ തടസ്സങ്ങൾ ഉപസരംഗങ്ങൾ അത് നശിക്കാത്തിടത്തോളം കാലം ഈ ശ്രവണം ഫലം ചെയ്യുന്നില്ല അത് ഞാനും കൊണ്ട് നശിക്കത്തില്ലേ എന്ന് ചോദിക്കും ഞാനുത്പത്തിയിൽ സർവം നശിക്കുന്നു സർവപ്രതിബന്ധങ്ങളെയും ഞാനും അവസാനിപ്പിക്കുന്നു പക്ഷേ ഞാനും ഉത്പന്നമാകണം ഞാനുത്പത്തിക്കുള്ള തടസ്സങ്ങളൂടെ പറയുന്നു ജ്ഞാനം ഉത്പന്നമായാൽ ഞാനും കൊണ്ട് സർവം നശിക്കുന്നു ഞാനും ഉത്പത്തിക്ക് തടസ്സങ്ങളിരുന്നാലോ ശരിയെ എന്താണ് ആ തടസ്സങ്ങൾ എന്താണാ തടസ്സം ഒന്ന് മാറ്റിയാൽ അറിഞ്ഞാലതിനെ നമുക്കറിഞ്ഞ് മാറ്റാം ഇന്ന തടസ്സമുണ്ട് അപ്പം ആ തടസ്സത്തെ മാറ്റാം അപ്പം ഞാനും പ്രകാശിക്കും പക്ഷെ അതറിയാൻ കഴിയില്ല എന്നുകൊണ്ട് അത് അധിഷ്ഠമാണ് പാപം ഫലം കൊണ്ടേ അറിയാൻ പറ്റും പാപത്തെ പാപമായി അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിന് അധിഷ്ഠം ഒന്ന് പേരിട്ടിരിക്കുന്നത് അപ്പൊ ഫലം കൊണ്ട് മാത്രം അറിയാം ഫലം അറിയാമെന്താണോ വിദ്യ പ്രകാശിക്കുന്നില്ല ശ്രവണമനങ്ങൾ ഫലത്തെ ചെയ്യുന്നില്ല അപ്പൊ അതറിയാം ഫലം കൊണ്ടറിയാം തീർച്ചയായും അതിന് പാപം ഉപസർഗം ഉള്ളിലുണ്ട് അത് തിരിച്ചറിയാം അതെങ്ങനെ ശ്രവണവും അതിന്റെ ഫലവുമായി െ ബന്ധപ്പെട്ടിരിക്കുന്നു ഏതൊക്കെയാണ് അവിടുത്തെ തടസ്സങ്ങൾ അധിഷ്ഠങ്ങൾ അത് ബുദ്ധിയോണ്ട് ഗ്രഹിക്കാൻ മതി അതിന് വേദം തന്നെ പറയുന്നു വേദം പറയുന്നു ഇവിടെ ഉപസർഗങ്ങളുണ്ട് അത് നശിക്കുന്നതിനാണ് ശാന്തി മന്ത്രം ഇപ്പോൾ ശ്രവണത്തിന് മുമ്പ് ആ ശാന്തി മന്ത്രങ്ങൾ അത് എന്നെ അത് ആ പാപത്തെ നശിപ്പിക്കുന്നു തുടർന്ന് ശ്രവ ശ്രവണത്തിൽ ആ വിദ്യ കൂടുതൽ പ്രകാശിക്കുന്നു കൂടുതൽ വ്യക്തമാകുന്നു അതിൻ്റെ സ്മൃതി അല്ലെങ്കിൽ ധാരണ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വീണ്ടും വരും സ്മൃതി അല്ലെങ്കിൽ ധാരണ അത് ആവശ്യമാണ് പരോക്ഷമായ ജ്ഞാനത്തിന് പരോക്ഷമായ ജ്ഞാനം അത് സ്മൃതി ചെയ്യുന്നത് പക്ഷെ പരോക്ഷമായ ജ്ഞാനം അത് ആവശ്യമാണ് അത് സ്മൃതി ധാരണയാണ് അത് നിലനിൽക്കാതെ വരുന്നു തത്വശ്രവിക്കുന്നു ശ്രവണ മാത്രയിൽ തന്നെ അത് വിസ്മരിക്കുന്നു അവിടെയാണ് ഉപസർഗ്ഗം പ്രവർത്തിക്കുന്നു പാപം പ്രവർത്തിക്കുന്നത് അവിടെ അതിന്റെ സ്മരണ ആവശ്യം ആ സ്മരണക്ക് തടസ്സമായിരിക്കുന്ന ആ പാപ ഏത് എവിടെ എത്രമാത്രം ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നുണ്ട് പക്ഷെ വേദം നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ന കർമ്മത്തിൽ നിന്ന് ഇന്ന അധിഷ്ഠമുണ്ടായി ഇന്ന ഫലം കൊടുക്കുന്നു ഇന്ന ഉപാസനയിൽ നിന്ന് ഇന്ന അധിഷ്ഠമുണ്ടായി ഇന്ന ഫലം കൊടുക്കുന്നു വേദം എങ്ങനെയത് കത്തിക്കുന്നു വേദം ശബ്ദരാശിയാണ് ശബ്ദാത്മകമാണ് ശബ്ദാത്മകമായിരിക്കുന്ന വേദത്തിന് ഇതൊക്കെ എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും അപ്പൊ വേദം നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ എന്താണോ വേദം ഈശ്വരന്റെ നിശ്വാസമാണ് ഈശ്വരന്റെ നിശ്വാസ സമമാണത് അപ്പൊ അത് ഈശ്വരന്റെ സങ്കല്പമാണ് കർമ്മവും കർമ്മത്തിന്റെ ഫലവും ഉപാസനയും ഉപാസനയുടെ ഫലവും ഇതെല്ലാം പാപം പാപത്തിന്റെ ഫലം ഇതെല്ലാം ഈശ്വര സങ്കല്പ എന്ന് പറഞ്ഞാൽ ഈശ്വര നിയമത്തിൽപ്പെടുന്ന കാര്യം അതുകൊണ്ടാണ് അത് ബുദ്ധിക്ക് മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുക അതിന്റെ ആ നിയമങ്ങളെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന അത്രയും വെളിപ്പെടുത്തുന്നതാണ് വേദവാക്യം ആ വേദവാക്യങ്ങളും നിർദ്ദേശിക്കുന്നു ഇന്നതാണ് പാപം ഇന്നതാണ് പരിഹാരം എന്ന് നിർദ്ദേശിക്കുന്നു അത് നിർദ്ദേശിക്കുന്നുണ്ട് അത് വിധിച്ചതുകൊണ്ട് അനുഷ്ഠിക്കുക അതിന് ശ്രദ്ധയുള്ളവൻ അതുകൊണ്ടാണ് വേദത്തെ ആദ്യം പ്രമാണമായി സ്വീകരിക്കണമെന്ന് പറയും അതിൽ ശ്രദ്ധ വേണം അതിന് പ്രമാണമായി സ്വീകരിക്കുന്നവൻ അതിൽ ശ്രദ്ധ ഉണ്ടാവും അതിൽ ശ്രദ്ധ ഉണ്ടാകുന്നവൻ ഇതിനെ രക്ഷിക്കുക ഈ ഉപാസനയിലൂടെ അവന്റെ പാപങ്ങൾ നശിക്കുന്നു അതാണ് പ്രശമാർത്ഥം അതിന്റെ പ്രശമനം അവനും വിദ്യ ഉത്പന്നമാകുന്നു വിദ്യ പ്രകാശിക്കുന്നു അതിനുവേണ്ടിയാണ് ഈ ഉപാസന കണ്ടത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ വിദ്യ ഒരുവനും ഫലം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് അപരോക്ഷമായി പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സംശയങ്ങൾ ഭ്രാന്തി ഇതെല്ലാം അവന് അത് ആത്മശാന്തിയെ നൽകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഉപാസനയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ശാന്തി ശാന്തി പറഞ്ഞിട്ട് ശാന്തി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് വിദ്യാർത്ഥന വിദ്യ നേടിയവനല്ല വിദ്യ അർത്ഥിക്കുന്നവനാണ് അവനെ സംബന്ധിച്ചിടത്തോളം വിദ്യക്ക് തടസ്സങ്ങളുണ്ടാകും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിന്റെ പരിഹാരത്തിന് കൂടിയേ കഴിയും അല്ലെങ്കിൽ വിദ്യയുടെ ഉത്പത്തി അസാധ്യമായി തീരും അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഈ തത്വശ്രവണത്തിന് മുമ്പിൽ ഈ ഉപാസനങ്ങളെ ഇവിടെ ഇനി രണ്ടാമത്തെ ശിക്ഷാധ്യായം ശിക്ഷ ശിക്ഷ നമ്മൾ പറയും പക്ഷെ ഇവിടെ ശിക്ഷ ശീക്ഷം വ്യാഖ്യാസ്യമ ശിക്ഷം എന്നാണ് ഛന്ദസ് അങ്ങനെ നിയമമൊന്നും ദീർഘമാവും ദീർഘം ലൗകിക ഭാഷയിൽ പറയുമ്പോൾ ശിക്ഷ അതിനെ വ്യാഖ്യാനിക്കുന്നു അർത്ഥജ്ഞാന പ്രധാന ഉപനിഷത്തോ ഗ്രന്ഥപാഠേ യത്നോപരമോ മാഭൂതത്തെ ശിക്ഷാധ്യായ ആരഭ്യത്തെ അർഹജ്ഞാനപ്രധാനുപനിഷത്തോ ഇവിടെ ഒരു പ്രധാന കാര്യം പറയുന്നുഷത്ത് അവിടെ എന്തിനാണ് പ്രാധാന്യം കർമ്മത്തിനാണോ ഉപാസനയ്ക്കാണോ അതോ അർത്ഥജ്ഞാനത്തിനാണ് കർമ്മത്തെ വിടാൻ കാരണം കർമ്മം ഉപനിഷത്തിലേക്ക് വരുന്നില്ല ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ ആ ബ്രഹ്മവിദ്യ അതിൽ മുഖ്യം എന്താണ് അർത്ഥജ്ഞാനമാണ് പദാർത്ഥജ്ഞാനം ബാക്കിയാർത്ഥ ജ്ഞാനം അത് മതി അതിനപ്പുറം അവിടെ ഒന്നുമില്ല പക്ഷേ ഉപനിഷത്തിന് ഉപാസനയിൽ താല്പര്യമുണ്ട് ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ അത് ഉപാസന കൂടെ കൂടി ചേരുന്നതാണ് അല്ല നമ്മൾ ധരിക്കുന്നത് പോലെ അത് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യർത്ഥജ്ഞാനം മാത്രമല്ല ഉപാസനിക്കുവാനും പ്രാധാന്യമുണ്ട് ഉപാസന എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന വൈദികമായ ഉപാസന ഇത് വൈദികമായ ചർച്ച ആയതുകൊണ്ട് ഇവിടെ പ്രാധാന്യം ലൗകികമായ ഉപാസനകളല്ല ഇപ്പോൾ ഉപനിഷത്ത് രണ്ടു കൂടി ചേരുന്നതാണ് കേവലം മഹാവാക്യാർത്ഥജ്ഞാനം മാത്രമല്ല പക്ഷേ പ്രാധാന്യവേദന അർത്ഥജ്ഞാനത്തിൽ എന്തുകൊണ്ട് അതാണ് മുഖ്യമായ ഫലത്തെ കൊടുക്കുന്നത് മുഖ്യമായ ഫലം അപരോക്ഷജ്ഞാനം മോക്ഷം ഇതാണ് മുഖ്യഫലം അത് അർത്ഥജ്ഞാനത്തിലൂടെ സാധ്യമാകുന്നതാണ് ഉപനിഷ വാക്കുകളുടെ വാക്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു വാക്യങ്ങളുടെ വാക്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു ലക്ഷ്യാർത്ഥത്തെ അർത്ഥത്തിലൂടെ വാക്യാർത്ഥത്തിലൂടെ ലക്ഷ്യാർത്ഥത്ത് അതാണ് അർത്ഥാൻ അതാണ് അപരോക്ഷം ഞാൻ അത് തന്നെയാണ് ഇവിടെ പ്രാധാന്യം പക്ഷേ പ്രധാനത്ത് ഉപനിഷത്തോ ഗ്രന്ഥപാഠേ യമോ മാഭോ എന്ന് വിചാരിച്ച് ഉപാസനയിൽ യത്നമില്ലാതിരിക്കാൻ പാടില്ല ഗ്രന്ഥപാഠത്തിൽ യത്നിക്കാതിരിക്കാൻ പാടില്ല അതൊക്കെ ആവശ്യമാണെന്നുള്ളത് ഗ്രന്ഥപാഠവും ഉപാസനയും അതാണ് ഇവിടെ പറയുന്ന ശംനോമിത്രംവരണ ഇത് ഗ്രന്ഥ പാഠ അപ്പോ ഇത് ഉപേക്ഷിച്ച് കളയരുതെന്നാണ് ഇത് വേണ്ട എനിക്ക് തത്വമുസി മാത്രം മതി എനിക്ക് അഹം ബ്രഹ്മാസംഗ മാത്രം മതി എന്ന് വിചാരിച്ചു ഉപാസനയെ തന്നെ കളയരു ആര് വിദ്യാർത്ഥിയോടാണ് ആ ശരി തത്വജ്ഞാനിയാണെങ്കിൽ അയാൾക്കൊന്നും വേണ്ട പുരുഷത്വം വേണ്ട ഉപാസനയും വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഒരു വിദ്യാർത്ഥിയോടാണ് ഇവിടെ പറയുന്നത് ഗ്രന്ഥപാഠത്തിൽ യത്ന ഉപരമോ മാർഗമോ അതും യത്നമില്ലാതെടുത്ത് എന്തുകൊണ്ട് ഗ്രന്ഥപാഠത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ഗ്രന്ഥപാഠം ഉപാസനയാണ് അതിന് മന്ത്രോച്ചാരണം മന്ത്രോച്ചാരണത്തിനും പ്രയോജനമുണ്ട് വാക്യാർത്ഥ വിചാരം അതിൽ നിന്ന് തത്വബോധം വാക്യർത്ഥ വിചാരം എങ്ങനെ തത്വബോധത്തിലുണ്ടാകും അതിന് മുഖ്യമായി സഹായിക്കുന്നത് സംസ്കാരം ശ്രവണത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു വിചാരത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു കാരണം ഏതെന്നായാലും അത് അന്ധക്കരണത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഒരു സംസ്കാരത്തിലുണ്ടാകും അത് ജ്ഞാനരൂപത്തിലായാലും ശരി അനുഷ്ഠാന രൂപത്തിലായ പദം ശ്രവിക്കുന്നു അർത്ഥബോധമുണ്ടാകും ആർത്ഥബോധം സംസ്കാരത്തിൽ ഉണ്ടാകുന്നു അത് പദാർത്ഥബോധമായാലും വാക്യാർത്ഥബോധമായാലും അത് സഹായിക്കുന്നു ജ്ഞാനത്തിന് അതുപോലെ ഈ മന്ത്രങ്ങളുടെ ഉച്ചാരണം വാചികമായ കർമ്മം വാച്ചികമായ കർമ്മം നടക്കുമ്പോൾ അവിടെ മാനസികമായ കർമ്മവും നടക്കുന്നുണ്ട് വാക്ക് വാഗിന്ദ്രിയം ശബ്ദത്തെ സൃഷ്ടിക്കുമ്പോൾ വാഗിന്ദ്രിയമാണ് ശബ്ദത്തെ സൃഷ്ടിക്കുന്നത് മനസ്സും അതിനോടൊപ്പമുണ്ട് മനസ്സിലായ സാധ്യമല്ല അപ്പോൾ ശബ്ദം അന്ധകരണത്തിലേക്ക് പ്രവേശിക്കുന്നു ഉച്ചരിക്കുന്ന ശബ്ദം തന്നെ അത് വാചികമാവുമ്പോൾ സ്വന്തം ശ്രവണേന്ദ്രിയത്തിലൂടെ തന്നെ സ്വന്തം അന്ധക്കനത്തിലൂടെ പ്രവേശിക്കും അന്ധക്കനത്തിലൊന്ന് ശബ്ദരൂപത്തിൽ പ്രവേശിക്കുന്നു മറ്റൊന്ന് അർത്ഥമായി പ്രകാശിക്കുന്നു അത് ശബ്ദരൂപത്തിൽ പ്രവേശിച്ചാലും അതവിടെ സംസ്കാരത്തെ ഉണ്ടാകും പുണ്യ സംസ്കാരത്തെ ഉണ്ടാകും അതുകൊണ്ടാണ് അത് ഉപാസന എന്ന് പറയുന്നത് ശാന്തി മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കും എന്താ അതിന്റെ പ്രയോജനം പറഞ്ഞു അത് അന്ധകരണത്തിൽ പ്രവേശിക്കുന്നു അവിടെ അധിഷ്ഠത്തെ ഉണ്ടാകും ആ അതിഷ്ടം ചെയ്യുന്നു ഈ ഉപസർഗങ്ങളെ ഇല്ലാതാക്കും ജ്ഞാനത്തിന്റെ പ്രകാശനത്തിന് അല്ലെങ്കിൽ പരോക്ഷമായ ഈ ജ്ഞാനത്തെ ആർജിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഈ സ്മരണ അല്ലെങ്കിൽ ധാരണയെ നിലനിർത്തുന്നതിനുള്ള തടസ്സങ്ങൾ അതിനെല്ലാം എന്ന പാപത്തെ എല്ലാം ഈ അധ്യയന സംസ്കാരം അതുകൊണ്ട് പറയും അധ്യയനത്തിന് പ്രമാദം വരുത്തരുത് അധ്യയനം നടത്തി കളയരുത് രണ്ടു തരത്തിലാണ് ഒന്നും ശബ്ദത്തെ മാത്രം ഗ്രഹിച്ചുകൊണ്ട് അധ്യയനം ചെയ്യുക അർത്ഥം ഗ്രഹിക്കാറ് മറ്റൊന്ന് അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് അധ്യയനം ചെയ്യും അത് അർത്ഥജ്ഞാനപൂർവകമാണ് ശ്രേഷ്ഠമായിരിക്കുന്നു പിന്നെ അർത്ഥജ്ഞാനം കൂടാതെ ആയാലും അത് പ്രയോജനമുണ്ട് അർത്ഥജ്ഞാനത്തോടുകൂടിയാകുമ്പോൾ അത് ദുഷ്ടമായ ഫലത്തിൽ തന്നെ കൊടുക്കുന്നു ശബ്ദത്തിൽ അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ ആത്മതത്വത്തിന്റെ ബോധം ദുഷ്ടമായ ഫലത്തെ കൊടുക്കുന്നു അർത്ഥജ്ഞാനം കൂടാതെ കേവലം ഗ്രന്ഥ ആവർത്തി ശബ്ദ ആവർത്തി അത് അധിഷ്ടമായ ഫലത്തെ കൊടുക്കുന്നു അർത്ഥജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ഇവിടെ വിദ്യാർത്ഥിയോട് പറയുന്നു ഗ്രന്ഥപാഠത്തിൽ യത്നോപ്രമം വരുത്തരുത് അത് ആവശ്യമാണ് അത് ഉപാസന എന്തുകൊണ്ടതിന് ഉപാസന എന്ന് പറയുന്നത് ആവർത്തിക്കുന്നതല്ല ഉപാസന ഇത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട് വൈദികമായ ഉപാസന അത് അധിഷ്ടത്തിൽ ഉണ്ടാക്കുന്നു അത് വൈദികമായ അതിനു ശരി മറ്റു മന്ത്രങ്ങളുടെയും മറ്റു അനുഷ്ഠാനങ്ങൾ ലൗകികമായ മന്ത്രങ്ങൾ പൗരാണികമായ മന്ത്രങ്ങൾ അതെല്ലാം അർത്ഥബോധം കൂടാതെ ഒരു അനുഷ്ഠാനമെന്നുള്ള നിലയിൽ ചെയ്താൽ ഗ്രന്ഥപാഠമായാൽ അതിനും പ്രയോജനമുണ്ട് അത് അതിന് ഈ വിഘ്ന നാശത്തിനുള്ള കാരണം അത് അതിർഷ്ടത്തെ സൃഷ്ടിക്കുന്നുണ്ട് പുണ്യത്തെ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ശീക്ഷാധ്യായ ആരഭ്യത ശിക്ഷദ്ധ്യായത്തെ ആരംഭിക്കുന്നു ശിക്ഷയിൽ ശിക്ഷ ശിക്ഷത അനേരി വർണ്ണാതി ഉച്ചാരണ ലക്ഷണം ശിക്ഷ എന്ന് പറയുന്നതിന് വർണാതി ഉച്ചാരണം എന്ന് പറയും ശരിയായ ഉച്ചാരണം പറയുന്നു പറയുന്നു ദുഷ്ടശ്ദ സ്വരതോ വർണ്ണതോ മിഥ്യാപ്രയുക്തോ തമർത്ഥമാഹ സവാഗ്വജ്രോ യജമാനം ഹീനസ്ഥി യഥേന്ദ്രശത്രുസ്വരത്തോപരാധാ ആനന്ദഗിരി പറയുന്നുണ്ട് ദുഷ്ടശബ്ദ കണ്ടത് മന്ത്രോഹീന ഒരു മന്ത്രം സ്വരം വർണ്ണം ഇവയെല്ലാം ഹീനമായും സ്വരം ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ അതിൽ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ വർണ്ണത്തിൽ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ മിഥ്യയായി പ്രയോഗിച്ച ശരിയായ രീതിയിൽ അറിയാതെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യുന്നില്ല മറിച്ച് വിപരീത ഫലവും ചെയ്യും വിപരീതമായ ഫലത്തിൽ ചെയ്യും അപ്പൊ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം എന്നർത്ഥം സവാക് വജ്രോ യജമാനം ഹിനി അങ്ങനെ എത്ര ശ്രദ്ധയുണ്ടായാലും ശരി സാധാരണ പറയും ഭക്തിയോടുകൂടി പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല അവസാനം പൂജയെ കാണത്തിയിട്ട് അവസാനം പറയുണ്ടോ മാത്രാ ഹീനം ഞാനെന്തെല്ലാം ഇതുവരെ പറഞ്ഞു അതെല്ലാം ക്ഷമിച്ചോളണം ഞാൻ അബദ്ധമേ പറയൂ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ ചെയ്ത് എല്ലാ ദിവസവും പറയുകയാണ് എന്നാൽ പിറ്റേ ദിവസം ഇതങ്ങ് തിരുത്തിയിട്ട് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരേ അബദ്ധം തന്നെ ചെയ്യുന്നു ഒരേ അബദ്ധം തന്നെ പറയുന്നു പിന്നെ അതൊരു വാശി പോലെയാണ് എല്ലാ ദിവസവും പറയും ഞാൻ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞോ പ്രവർത്തിച്ചോ അതെല്ലാം ക്ഷമസോ എല്ലാം ക്ഷമിച്ചോളും കാരണം ഞാനിങ്ങനെ ചെയ്യത്തുള്ളു അതവിടെ നടക്കും എങ്കിലത് ലൗകികമായ കാര്യങ്ങൾ അതിന് ഇത് ഈ ഭക്തി മതി ഭക്തി അവസാനം പറയുന്നതാണ് ഇത് പറഞ്ഞാലെല്ലാം ദോഷവും തോന്നുന്നതാണ് വിശ്വാസം പക്ഷെ വേദത്തെ സംബന്ധിച്ച് അത് നടക്കത്തില്ല അതിനാണീ പറയുന്നത് വാഗ് വജ്രം യജമാനം മിനത്തി ഒരാസുരൻ അയാൾക്ക് ഇന്ദ്രന കൊല്ലം കൊന്നേത്തി വേദത്തിലൊക്കെ നല്ല വിശ്വാസമുള്ള ആളാണ് നല്ല ശ്രദ്ധയുള്ള ആളാണ് അതിനൊന്നും കുറവില്ല പക്ഷെ വിവരമില്ല സാധാരണ ഭക്തന്മാരെ പോലെ അവർക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കും പക്ഷെ വിവരമില്ല അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കത്തുമില്ല ഇയാൾ അതുപോലെ ഇയാളങ്ങനെയല്ല ഇയാൾ വിദ്വാനുമായ അസുരൻ അതുകൊണ്ട് എന്ത് ചെയ്തു ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു വലിയ കേമന്മാരായ വൃത്തുക്കുകളെയൊക്കെ വിളിച്ച് ഇന്ദ്രനെ കൊല്ലുന്നതിന് വേണ്ടി സമർത്ഥനായ ഒരു പുത്രൻ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രശത്രു അതാണ് മന്ത്രം ശത്രു അവൻ വൃദ്ധിയെ പ്രാപിക്കട്ടെ എന്ന് വെച്ചാൽ ഇന്ദ്രനെ കൊല്ലുന്നവൻ അവൻ വളർന്നു വരട്ടെ അവൻ ശക്തനായി വരട്ടെ അല്ലെങ്കിൽ ആ ഇന്ദ്രനെ കൊല്ലുന്നവൻ ആ മകൻ ഇന്ദ്രനെ കൊല്ലുന്നവന് വേണ്ട ശേഷിയെല്ലാം ഉണ്ടായി വരട്ടെ മന്ത്രം ചൊല്ലി ആണ് ഹവിസർപ്പിച്ചത് പക്ഷേ അവിടെ എന്തു ചെയ്തു സ്വരത്തിലൊരു തകരാറുമാണ് സ്വരത്തിൽ വ്യത്യാസം വന്നപ്പോ സമാസത്തിൽ വ്യത്യാസം വന്നു സമാസത്തിൽ വ്യത്യാസം അർത്ഥത്തിൽ വ്യത്യാസം വരും അത് വൈദിക ശബ്ദങ്ങളുടെ ഒരു തകരാറാണ് ലൗകിക ശബ്ദങ്ങൾക്ക് കുഴപ്പമില്ല കാരണം അവിടെ സ്വരത്തിനനുസരിച്ച് സമാസത്തിൽ വ്യത്യാസം വേദത്തിൽ അങ്ങനെയല്ല അന്ധോദാത്തം ഉച്ചരിക്കേണ്ടടുത്ത് സ്വരം മാറിപ്പോയി കഴിഞ്ഞു സമാസത്തിന് വ്യത്യാസമില്ല ബുപ്രീഹി നിന്ന് കിട്ടുന്നർത്ഥം തത് ഇവിടെ അത് തന്നെ അത് പറയുന്നത് ഇന്ദ്രൻ ഇതറിഞ്ഞുകൊണ്ട് സരസ്വതിയെ നിയോഗിച്ചു സരസ്വതി വ്യക്തിക്കുകളുടെ മാറ്റം വരുത്തി അവര് അറിഞ്ഞു വേദമന്ത്രത്തെത്തിച്ചു അപ്പൊ ഇന്ദ്രന്റെ ശത്രുവ് വർധിക്കട്ടെ എന്നർത്ഥം വരുന്നതിന് പകരം എന്തു ചെയ്തു ഇന്ദ്രൻ കൊല്ലുന്നവൻ വർധിക്കട്ടെ എന്നായി അവൻ വളർന്നു വരട്ടെ എന്നായി ഇന്ദ്രൻ കൊല്ലുന്നവൻ എന്നർത്ഥമാണ് ഇന്ദ്രൻ ആരെയാണോ കൊല്ലുന്നത് അവൻ വളരട്ടെ എന്നാണ് അതുപോലെ തന്നെ സംഭവിച്ചു ഇയാൾക്കൊരു നല്ല മകനുണ്ടായി അവൻ വളരെ വേഗം വളർന്നു വന്നു ഇന്ദ്രൻ കൊല്ലുകയും ചെയ്തു തിരിച്ചായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നു പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിച്ചു അസുരൻ ആഗ്രഹിച്ച പോലെ തന്നെ അവര് നല്ല പുത്രനുണ്ടായി അവൻ വളർന്നു വളർന്നപ്പോൾ ഇന്ദ്രൻ കൊന്നു ഇന്ദ്രനെ കൊല്ലുന്നതിന് പകരം ഇന്ദ്രൻ കൊല്ലു ഇതാണ് ശരിയായ സ്വരം മനസ്സിലാക്കാതെ മന്ത്രം വൈദിക മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ വരുന്ന ഫലം വിപരീത ഫലം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഭക്തിയുണ്ട് രക്ഷപ്പെടാവുന്ന വിചാരിക്കുന്നു ഇവിടെ ഭക്തിക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല മന്ത്രത്തിന് നിയമമുണ്ട് വൈദിക മന്ത്ര ആ നിയമം അനുസരിച്ച് തന്നെ ചൊല്ലുന്നു ഭക്തി ഉണ്ടെങ്കിൽ അത് ചൊല്ലാതിരിക്കുക ദോഷങ്ങളില്ല അസിമൻ ലൗകികമായ പൗരാണികമായ മന്ത്രങ്ങളെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ടില്ല അവിടെ ഭക്തി മതി വിഭക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വേദത്തില് ആ കളി നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഇന്നീ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ ഫലം കാരണം ഈ ചൊല്ലുന്നവർക്ക് ആർക്കും ഈശ്വരങ്ങൾ അറിയത്തില്ല എന്താണ് ഉദാത്തം അനുദാത്തം സ്വരിതം ഇതറിയത്തില്ല ഏത് പദത്തിനെന്ത് സമാസമാണെന്നുള്ള അറിയത്തില്ല എന്താണ് അർത്ഥം എന്നുള്ള അറിയത്തില്ല അറിയാവുന്നവരില്ല എന്നല്ല വളരെ വളരെ വിരളം ബാക്കിയുള്ളവരെല്ലാം വേദമന്ത്രം എന്താണ് ഈശ്വരവും പറഞ്ഞു ഒന്നും മനസ്സിലാക്കാതെ ചൊല്ലുന്നു അപ്പൊ വിപരീത ഫലത്തെ ഉണ്ടാകും അതുകൊണ്ട് അതുകൊണ്ടൊക്കെ കൊണ്ടായിരിക്കും പണ്ട് ശൂദ്രൻ ഇത് ചൊല്ലരുതെന്ന് പറഞ്ഞു ശൂദ്രൻ എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു ചെല്ലുന്നു ഈ മന്ത്ര മന്ത്രത്തിന്റെ സ്വരോ നിയമങ്ങളൊന്നും അറിയാതെ ചെല്ലുന്നു ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ഇന്ന് വേദം ചെല്ലുന്നവർക്ക് നിർബന്ധമില്ല അപ്പൊ ഇന്ന് വേദം ചൊല്ല ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതല്ല ശൂദ്രന്മാരാണ് എന്തുകൊണ്ട് ഇതറിയാതെ ചൊല്ലുന്നവൻ സുദരനാണ് അവന്റെ ചെവിയിൽ ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല നാക്കും മുറിച്ച് കളയണമെന്ന് പറഞ്ഞാലും ദോഷമുണ്ട് കാരണം വിപരീത ഫലത്തെ ഉണ്ടാക്കത്തില്ലല്ലോ കാരണം ഇത് കാശ് മുടക്കുന്നവനാണ് ഇതിന്റെ ഫലം വരുന്നത് ഈ ചൊല്ലുന്നവന് നഷ്ടമൊന്നുമില്ല അതാ കാശ് കൊടുത്ത് രസീത് എഴുതിച്ചിട്ട് ചെയ്യുന്നവനും വിപരീത ഫലം ഉണ്ടാകും എന്തുകൊണ്ട് ഈ ചെയ്യുന്ന ഇവിടെയും വൃത്തിക്കുകൾ അസുരനു വേണ്ടി ഈ യാദമൊക്കെ നടത്തി ദക്ഷിണീയം വാങ്ങിക്കൊണ്ട് പോയി അവർക്കൊരു ദോഷവും വന്നില്ല പറ്റിയതാര്ക്ക് അസുരൻ അസുരനും മകൻ നഷ്ടപ്പെട്ടു ഇതുതന്നെ സംഭവിക്കും അതുകൊണ്ട് എന്തുകൊണ്ട് സ്വരതോ അപരാധ അതവിടെ സ്വരത്തിൽ വന്ന അപരാധമാണ് അത് സംഭവിക്കും അതുകൊണ്ട് ഗ്രന്ഥപാഠത്തിൽ യത്നം വേണം മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് പറഞ്ഞ് തന്നെ ചൊല്ലണം വണ്ണം സ്വരം ഇതെല്ലാം അറിഞ്ഞു ചൊല്ലണം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇത് ചൊല്ലാതിരിക്കുന്നതാണ് എന്തായാലും ഗുണം എന്നില്ലെങ്കിലും ദോഷം വരാതിരിക്കുമല്ലോ അതുകൊണ്ട് ശിക്ഷാധ്യായം ശിക്ഷിത അനുയായി വർണ്ണാദ്യുച്ഛാരണ ലക്ഷണം വർണ്ണാദ്യുച്ചാരണം അതിനു ശിക്ഷ ശിക്ഷയിൽ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് വേദത്തിൽ തന്നെ ഋഗ്വേദപ്രാതിസാഖ്യം തൈത്രിക പ്രാതിസാഖ്യം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഈ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് എങ്ങനെ ഉച്ചരിക്കണം സ്വരങ്ങൾ എങ്ങനെയായിരിക്കണം പ്രയത്നം എന്തായിരിക്കണം വർണ്ണങ്ങളുടെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളെല്ലാം പറയും ശിക്ഷന്തിവാ ശിക്ഷ വർണ്ണാദയ ഈ വർണ്ണങ്ങളെ ശിക്ഷ പറഞ്ഞാൽ വർണ്ണങ്ങളെന്നും പറയും വർണ്ണങ്ങളെ എങ്ങനെ പറയുന്നു അപ്പം വർണ്ണം സ്വരം സ്ഥാനം ഇതാണ് മുഖ്യമായി വരുന്നത് വർണ്ണവും സ്വരവും സ്ഥാനവും വർണ്ണങ്ങൾക്ക് സ്വരവുണ്ട് വർണ്ണങ്ങൾക്ക് സ്ഥാനവുമുണ്ട് ഇത് അതിനാണ് എനിക്ക് പറയാൻ പോകുന്നത് ശിക്ഷിക്ഷത്തിന്റെ ദൈർഘ്യം ഛാന്തസം വേദത്തിന്റെ നിയമമാണ് അത് ദീർഘമായും ഉച്ചരിക്കാം അവിടെ തെറ്റില്ല താഖ്യാസ്യാമ വിസ്മന്താ കഥ അത് ഞാൻ സ്പഷ്ടമായി ഇവിടെ പറയുന്നു ഇവിടെ എന്താണ് ശിക്ഷ എന്നുള്ള രീതിയിൽ വർണ്ണങ്ങളുടെ സ്വരം സ്ഥാനം പ്രയത്നം ഇതൊന്നും വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പറയുന്ന ഇവിടെ അതിനെ ശിക്ഷന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു ഉപാസനാരൂപത്തിൽ പറയുക മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശദീകരിക്കുന്നില്ല വർണ്ണം ഇന്ന വർണ്ണമാണ് അകാരം അതിന്റെ സ്വരം ഇന്നതാണ് അത് എവിടെ വിപ്രതമാകുന്നു എവിടെ സമൃദ്ധമാകുന്നു അങ്ങനെ പ്രയത്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ പ്രയത്നം എന്താണ് ആഭ്യന്തര പ്രയത്നമെന്ത് ബാഹ്യപ്രയത്നമുണ്ട് ഭരണ ഉച്ചാരണത്തിന് മുമ്പ് വരുന്ന പ്രയത്നം ഭരണോച്ചാരണശേഷം വരുന്ന പ്രയത്നം ഭരണ ഉച്ചാരണ സ്ഥാനങ്ങളിൽ വരുന്ന പ്രാണവ്യതിയാനം അതാണ് പ്രയത്നം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിച്ചുകൂടെ പറയുന്നില്ല സ്വരങ്ങളെക്കുറിച്ചും പറയുന്നില്ല പക്ഷെ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് അതിനിവിടെ പരാമർശിക്കുന്നതേ ഉള്ളു ഇവിടെ അതിന്റെ ആവശ്യം ഇത് ഉപാസന പ്രകടനമായോണ്ട് അതിനെ പറയുന്നു ചക്ഷിങ്ങോ വാഖ്യാന് അധിഷ്ഠ്യ വ്യാപൂർവസ്യ വ്യക്തത്വ കർമ്മേതൂപം വ്യാഖ്യാസ്യാമഹ എന്താണെന്ന് പറയുന്നു കാരണം ഇത് എങ്ങനെ വിസ്പഷ്ടമായി പറയുന്നു എന്നുള്ള അർത്ഥം എങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്നു വ്യക്തായാം വാജി എന്ന് പറയുന്ന ഒരു ധാതുണ്ട് അതിന് ഖ്യാന്ന് പറയുന്ന ആദേശം വരുന്നു ചിങ് ഖ്യാൻ എന്ന് പറയുന്ന ആദേശം വിയാങ് പൂർവ്വത്തിലുള്ള ചക്ഷിങ് ധാതു ആണ് അതിന്റെ അർത്ഥം എന്താണ് വ്യക്തായാം വാജി വ്യക്തമെന്നുള്ള അർത്ഥമാണ് അതിൻ്റെ കർമാർത്ഥത്തിലാണ് വ്യാഖ്യാസ്യാമ ഞാനതിനെ വ്യക്തമായി പറയുന്നു ശിക്ഷയിൽ എന്തൊക്കെയാണോ വിഷയങ്ങൾ അതിനെ ഞാൻ വ്യക്തമായി പറയുന്നു എന്ന് പറയുന്നു തത്ര വർണ്ണോ അകാരാതി വർണ്ണം പറയും വേദം അധ്യയനം ചെയ്യുന്നത് കേവലം വേദാധ്യയനമല്ല കേവലം വേദാധ്യയനമായി കഴിഞ്ഞാൽ ോഷം ചെയ്യുന്നു വേദാധ്യയനം ചെയ്യുന്നു വേദാധ്യയനം എന്നു പറഞ്ഞു എന്താണ് കുറച്ച് സൂക്തങ്ങൾ പഠിക്കുന്നു രുദ്രം അല്ലെങ്കിൽ ചമകം അത്യാവശ്യമാണ് ഒരു അഭിഷേകം നടത്തുന്നതിന് ഒരു രുദ്രാഭിഷേകം നടത്തുന്നു അതിനാവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്നു ആ പണിക്കിറങ്ങുന്നു അതുകൊണ്ട് ജീവിക്കുന്നു അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു വേദം അധ്യയനം ചെയ്യണം അതായിരുന്നു വൈദികമായ മര്യാദ അതെല്ലാം പോയി പിന്നെ അതെല്ലാം ഉപജീവനത്തിലുള്ള ഇതായപ്പോ ഇത് ചെയ്യിക്കുന്നവനെ പറ്റിക്കാനുള്ള പഠിപ്പേ ഉള്ളൂ ഇതിങ്ങനെ ചൊല്ലുക അത് പരമ്പരയായി കുറച്ച് മന്ത്രങ്ങൾ പഠിക്കുന്നു അത് ആ മന്ത്രങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളും പഠിക്കുന്നു അതുകൊണ്ട് ചെയ്യുന്നു ചെയ്യിക്കുന്നവൻ നരകത്തിൽ പോകുന്നു അത്രയൊക്കെ ഇന്ന് സംഭവിക്കുന്നു ചെയ്യുന്നവന് കാശ് കിട്ടുന്നു പക്ഷെ അത് പോര വേദം സാങ്കം അധ്യയനം ചെയ്യും അംഗങ്ങളോടുകൂടി ശരിയായ രീതിയിൽ അത് ഉച്ചരിക്കണമെങ്കിൽ ഇതുകൂടി വേണം അംഗങ്ങളോടുകൂടി പഠിക്കുമ്പോൾ അവിടെ ഛന്തസ് അറിഞ്ഞിരിക്കണം വ്യാകരണം അത് മനസ്സിലാക്കണം വൈദിക വ്യാകരണം മനസ്സിലാക്കണം എന്നാൽ ഈശ്വരഭേദം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്താണോ ആദ്യതാത്തമാണോ അന്ധ ഉദാത്തമാണോ എവിടെയാണ് സ്വരിതം ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഇത് വ്യാകരണം പഠിക്കാതെ ഇതെങ്ങനെ മനസ്സിലാക്കും കേവല ഉച്ചാരണം കൊണ്ട് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല പറയും അത് പരമ്പരയിൽ നിന്ന് ഉച്ചരിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പരമ്പരയിൽ നിന്ന് ഉച്ചരിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ അർത്ഥബോധം ഉണ്ടാകും പ്രഭേദത്തെ നാവിലുറപ്പിക്കുന്ന അർത്ഥമുണ്ടാവണമെങ്കിൽ വ്യാകരണം ഞാൻ അമ്മയെട്ടെ അതുകൊണ്ട് അതിന്റെ സമാസജ്ഞാനം സ്വരജ്ഞാനും എല്ലാം ഉണ്ടാകത്തുള്ളു അങ്ങനെ ഉണ്ടായതിന് ശരിയായ അർത്ഥബോധത്തോടു കൂടി അത് ഉച്ചരിക്കാൻ പറ്റും അർത്ഥബോധം കൂടാതെ ഉച്ചരിച്ചാൽ എന്തർത്ഥമാണ് അതിന് താൻ ഉച്ചരിച്ചപ്പോൾ സംഭവിച്ചതെന്ന് അവൻ അറിയാൻ കഴിയത്തില്ല വിപരീത അർത്ഥം വരും ഇന്ദ്രശത്രുവർദ്ധസ്വെന്ന് പറഞ്ഞ പോലെയാവും സ്വരത്തിൽ വ്യത്യാസമൊന്നും എന്തർത്ഥമാണ് സങ്കല്പിക്കുന്ന മനസ്സിലായില്ല ഇന്ദ്രനെ കൊല്ലുന്നവനെന്ന് പറയുന്നതിന് പേരോ അർത്ഥം വന്നെന്താണ് ഇന്ദ്രൻ കൊല്ലുന്നവനെന്നായി ഈ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ അവരങ്ങനെ ഉച്ചരിക്കുമായിരുന്നു ഇല്ല അപ്പോ സ്വരത്തിൽ മാറ്റം വന്നു അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല വേണം സംഘമായി വേദം അധ്യയനം ചെയ്തിട്ട് വേണം അവരത് ഉച്ചരിക്കാൻ കർമ്മങ്ങളിലും പറ്റും അത് വളരെ ലുപ്തമായി പോയിരുന്നില്ലേ അത് അതുകൊണ്ട് സംഘമായ അധ്യയനം വേദാധ്യയനം ആ വേദാധ്യയനത്തിൽ മനസ്സിലാവും എന്താണ് എന്താണ് വർണം തത്ര വർണ്ണോ അകാരാതി വർണ്ണം എന്താണ് സ്വരം എന്താണ് എന്ന് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്നവൻ അണു വേദം അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേദം അധ്യയനം ചെയ്യുന്നവനാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് പിന്നീട് ഉപാസനയിലേക്ക് വരുന്നത് തത്വജ്ഞാനത്തിലേക്ക് വരുന്നു ഇതെല്ലാം വേദാധ്യനം ചെയ്തവനാണ് ഈ പറയുന്ന ഒന്നും ഇവിടെ നമ്മളെപ്പോലെ ഉള്ളവരെ ഉദ്ദേശിച്ച് പറയുന്നതല്ല കാരണം അങ്ങനെ വിധിപ്രകാരം വേദാധ്യയനം ചെയ്ത് താങ്കമായി വേദാധ്യയനം ചെയ്ത് അതെല്ലാം മനസ്സിലാക്കി അതിൽ അങ്ങനെ അതിനോട് ഉപാസനകൾ അല്ലെങ്കിൽ ശ്രവണമന്നങ്ങൾ പ്രവർത്തിക്കുന്നവരില്ല ഇന്നിത് കൈകാര്യം ചെയ്യുന്നതന്നെ ശൂദ്രന്മാരാണ് സർവ്വ നൂലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശൂദ്രന്മാരാണ് അപ്പോ അവരോടൊത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറയുന്നത് വൈദികന്മാരോടാണ് ഒരു കാലത്ത് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായത് ഇന്നതില്ല അപ്പോ അവരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് അതുകൊണ്ട് ഇവിടെ വർണ്ണ സ്വര മാത്ര ബലം ഇത്രയും പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പിടികിട്ടു എന്തുകൊണ്ട് ഇതെല്ലാം അധ്യയനം ചെയ്തിരിക്കുന്നു എന്താണ് വർണ്ണം എന്താണ് സ്വരം എന്താണ് മാത്ര എന്താണ് ബലം ഇതിനെല്ലാം ധ്യാനം വേണം എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് കേൾക്കുന്നു ചോദിക്കും ഇതെന്ത് ബന്ധമാണെന്ന് ചോദിക്കും വർണ്ണം സ്വരം മാത്ര കാരണം അവന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതെന്തോന്ന് ഉപാസന ഇതെന്ന് എന്ത് കിട്ടാനാണ് കാരണം വർണ്ണമെന്ന് പറഞ്ഞാൽ അവനൊന്നും ബോധിക്കുന്നില്ല സ്വരമെന്ന് പറഞ്ഞാൽ ഒന്നും ബോധിക്കുന്നില്ല മാത്രാബലം ഇതിലെന്ത്പാസന എന്ന് ചോദിക്കും ഇതുകൊണ്ടെന്താ പ്രയോഗം ഇത് വൈദികനോട് പറയുന്ന വർണ്ണ അകാരാതി അതാണ് ശിക്ഷയിൽ പ്രധാനമായി വരുന്ന അകാരാദികൾ അതിന് ഹ്രസ്വ ദീർഘ തുടങ്ങിയ മാത്രം സ്വര ഉദാത്താദി പറയുന്ന ഇതിനെല്ലാം ഇതെല്ലാം ധ്യാനിക്കണം ഇത് ഉപനിഷത്തിലൂടെയാണ് ഗ്രഹിക്കുന്നത് വൈദിക മന്ത്രത്തിലൂടെയാണ് ഉപാസന വൈദിക മന്ത്രത്തിലൂടെയാണ് അർത്ഥ ഗ്രഹണം അവിടെ ഉപാസന പൂർണമാവണമെങ്കിൽ എന്ത് വേണം അസുരം ഉദാത്താതി മാത്രം പ്രയത്നവിശേഷ ആഭ്യന്തര പ്രയത്നം ബാഹ്യപ്രയത്നം എന്നെല്ലാം പറയുന്ന യത്നങ്ങൾ അപ്പോ ഉച്ചാരണസ്ഥാനങ്ങൾ അഷ്ടവ സ്ഥാനി വർണ്ണാനാം ശിക്ഷ പറയുന്നു വർണ്ണങ്ങൾ എട്ട് സ്ഥാനങ്ങളുണ്ട് ഈ സ്ഥാനങ്ങളിൽ പ്രാണൻ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാലേ പ്രാണപ്രവർത്തന ശരിയായ സംഭവിച്ചാലേ വർണ്ണങ്ങൾ ശരിയായ രീതി പുറത്തു വരത്തുള്ളൂ ശ്രവണയോഗ്യമാകത്തുള്ളൂ മനനയോഗ്യമാകത്തുള്ളൂ വർണ്ണങ്ങൾ അതെല്ലാം സംഭവിക്കണം അതിന് അവന് അകാരാദിസ്ഥാനങ്ങൾ ഉപദാത്താദി സ്വരജ്ഞാനം ഇതെല്ലാം വേണം സാമ വർണ്ണാന മധ്യമ വൃത്തിയ ഉച്ചാരണം സമത വർണ്ണങ്ങ വൈദിക വർണ്ണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിന് മധ്യവൃത്തിയിലുള്ള ഉച്ചാരണം അതാണ് ഉച്ചവൃത്തിയിൽ ഉച്ചരിക്കുക മന്ദവൃത്തിയിൽ ഉച്ചരിക്കുക മധ്യവൃത്തിയിൽ ഉച്ചരിക്കും അത് മധ്യവൃത്തിയിൽ ഉച്ചരിക്കുന്നത് സമത അതാണ് സാമം സന്താന സന്തതി സംഹിത സംഹിതയെ അറിഞ്ഞിരിക്കണം എവിടെ ചേർക്കണം എവിടെ പിരിക്കണം അതറിഞ്ഞിരിക്കണം അപ്പോ ചേർക്കേണ്ടടുത്ത് ചേർത്ത് ഉച്ചരിക്കണം പിരിക്കേണ്ടടുത്ത് പിരിച്ചു ഉച്ചരിക്കണം മറിച്ചായാലും അർത്ഥവ്യത്യാസം വരും അതറിഞ്ഞിരിക്കണം യേശുഹി ശിക്ഷിതവ്യോ അർത്ഥ ഇവിടെ ഇത്രേ പറയുന്നു ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതറിഞ്ഞു വേണം ഉപാസിക്കാൻ ശിക്ഷ യസ്മിൻ അധ്യായ സ്വയം ശിക്ഷാധ്യായാർത്ഥം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ശിക്ഷാധ്യായം എന്നുവെച്ചാൽ വർണ്ണസ്വരമാത്ര ബല സാമസന്ധാനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉണർവ് അവനിലുണ്ടാകുന്നു ഉപാസനിലുണ്ടാകുന്നു ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ അവൻ ഈ മന്ത്രങ്ങളിലൂടെ ഉപാസിക്കുന്നു കർമ്മങ്ങളെ പറയുന്നു മന്ത്രങ്ങളിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കും മന്ത്രങ്ങൾ വിട്ടിട്ട് കർമ്മം അനുഷ്ഠിച്ച വൈദികമായ കർമ്മങ്ങൾ അത് മന്ത്ര ഉച്ചാരണത്തോടു കൂടി ചെയ്യേണ്ടത് മന്ത്ര ഉച്ചാരണത്തിൽ തന്നെ ചെയ്യും ഒരാൾ പറയണെനിക്ക് സംസ്കൃതം ഇഷ്ടമില്ല ഞാൻ തമിഴിലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല അത് വൈദിക കർമ്മമാകത്തില്ല ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ച് അതാകാം പൗരാണികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ മാറ്റാം പക്ഷെ വൈദികമായ കർമ്മങ്ങൾക്ക് മാറ്റം പാടില്ല ഇതിൽ ശ്രദ്ധയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ നാസ്തികനെ സംബന്ധിച്ച് അവനത് അനുഷ്ഠിക്കുന്നില്ല അവനെ സംബന്ധിച്ച് പ്രശ്നങ്ങളും വൈദിക കാരണം ഭാഷ മാറിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന വർണ്ണം സ്വരം ഇതെല്ലാം മാറും പിന്നെ എങ്ങനെ തമിഴിൽ അഗ്നിഹോത്രം ചെയ്യുന്നു നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ആ ഭാഷ അതിൽ അതിൽ തന്നെ വേണം അത് സംഘമായി അധ്യയനം ചെയ്തിരിക്കുന്നു അങ്ങനെ ചെയ്തവരുവൻ ഉപാസനയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ കർമ്മത്തിനോട് കടക്കുമ്പോൾ അവനോട് പറയുന്നത് ശിക്ഷ അതറിഞ്ഞിരിക്കണം ഇവിടെ ആ ശിക്ഷ കർമ്മത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് ഇവിടെ അത് കേവലം ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു കർമ്മത്തിന് വേണ്ടി അത് ഉപയോഗിച്ച് കഴിഞ്ഞു ഉപാസനയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു അതാണ് ശിക്ഷാധ്യായത്തിൻ്റെ പ്രാധാന്യം കസിഹാര ഉത്തരാളീ കർമ്മ നിവർത്തിക്കുക കർമ്മനിവൃത്തി എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലാണ് ഒന്ന് ആത്യന്തികമായ കർമ്മം നിവൃത്തി അത് തത്വജ്ഞാനം കൊണ്ടേ സാധ്യമാണ് അത് അപരോക്ഷമായ ജ്ഞാനം തന്നെ വേണം എന്നാൽ അത് സാധ്യമാണോ പിന്നീട് കർമ്മ രണ്ടാമത്തെ തരത്തിൽ അതെന്താണ് കർമ്മനിവൃത്തി എന്ന് പറയുന്നത് ദുരധിഷ്ഠ എന്ന് നിവൃത്തി ആ ദുരധിഷ്ഠെന്നു വരുത്തി അല്ലെങ്കിൽ പാപം നിവർത്തി അതിനുവേണ്ടി ആണ് വൈദികമായ ഉപാസനകൾ വൈദികമായ ഉപാസനകളിലൂടെയാകാം വൈദികമായ ഉപാസനകളിലൂടെ സാധിക്കേണ്ടത് അതിലൂടെ തന്നെ സാധിക്കും ഇനി ലൗകികമായ ഉപാസനകളിലൂടെയും സാധിക്കും വൈദികമായ ഉപാസനകൾ ഒഴികെയുള്ളതല്ല ലൗകികമായ ഉപാസനകളാണ് മന്ത്രതന്ത്രശാസ്ത്രങ്ങൾ പിന്നെ മറ്റ് പൗരാണികമായ സമ്പ്രദായങ്ങൾ ഓരോ ആചാര്യന്മാരെ സ്വയം ആവിഷ്കരിക്കുന്ന സമ്പ്രദായങ്ങൾ ഇതെല്ലാം ലൗകികമായ ഉപായങ്ങളും വേദത്തെ സ്പർശിക്കാത്ത ഇതിലൂടെ സാധിക്കും അവിടെ ആണ് കർമ്മങ്ങളും ഉപാസനകളും എല്ലാം വരുന്നത് അതിൽ വൈദികമായ ആ ഉപാസനയ്ക്ക് അതിൽ ശിക്ഷയ്ക്ക് പ്രാധാന്യമുണ്ട് അതാണ് ഈ അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അവസാനിക്കുന്നതിനാൽ തുടർന്ന് പറയുന്നു അതെങ്ങനെയാണത് ആ ഉപാസന എന്നുള്ളത് തുടർന്നു പറയുന്നു ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് എന്താണ് ആ വൈദികമായി യാതൊരു ബന്ധമില്ലാത്തവർ വേദം വിധി വേദം അധ്യയനം ചെയ്തിട്ടില്ല വേദാംഗങ്ങൾ അധ്യയനം ചെയ്തിട്ടില്ല ആ വൈദികമായ സമ്പ്രദായവുമായിട്ട് യാതൊരു പരിചയവുമില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇത് അനാവശ്യമായിട്ട് തോന്നും വൈദികരെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥവത്താണില്ല പ്രയോജനമുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് ശിക്ഷാ വ്യാഖ്യാസ്യാമ വർണ്ണ സ്വരഹ മാത്രാബലം സാമസന്താന ശിക്ഷാധ്യായ സഹ നോ യശനോ ബ്രഹ്മവർച്ചസം അധ സംസം ഉപനിഷദം വ്യാഖ്യാ പഞ്ചസ്വധിഷ അധിമകം അധിജ്യോതിഷം അധിവിദ്യ പ്രജം അധ്യാത്മം താസംഹത്തെ അധ അധികം പൃഥി പൂർവം ദൗരുത്തരൂപകന്ധി സഹ നു യേശ ഇവിടെ പറയുന്ന കാര്യങ്ങളും അങ്ങനെയല്ല എന്താണ് എല്ലാം പൂർണ്ണമായും വൈദികമാണ് വൈദികമായ കാര്യങ്ങളെക്കുറിച്ച് പറയും ആ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വൈദിക ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ശരിക്കും പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഗ്രഹിക്കാൻ പറ്റും ആ വൈദിക പശ്ചാത്തലം ഉള്ളവർക്കെ പറ്റും അല്ലാത്തവർക്ക് ഇത് പൂർണമായും ഗ്രഹിക്കുന്ന കാര്യം പ്രയാസമാണ് കാരണം സംസ്കാരം ഇതിന് ആവശ്യമാണ് അധുനാ സംഹിത ഉപനിഷത്ത് വെച്ചു സംഹിതോപനിഷത്ത് പറയുന്നു तत्र संहितादि उपनिषद परिज्ञान निमित्तं यत् एष प्राप्ते तद् नावयहो शिष्याचार्योहो सर्वे सहेव अस्तु तन् निमित्तं जेय ब्रह्मवर्चसं तेजः तच्छ सहेव अस्तु यदि शिष्यवदनं आसीहि शिष्यस्य സംഹിതനിഷ്ട ഉപനിഷത്തെന്ന് പറയുമ്പോൾ ഇവിടെ ഉപാസന എന്നാണ് അർത്ഥം സംഹിതപാസനയെ കുറിച്ച് പറയുന്നു തത്ര സംഹിതാതി ഉപനിഷ് പരിജ്ഞാന നിമിത്തം ഇവിടെ പറയുന്ന ഈ ഉപാസന ഉപനിഷത് പരിജ്ഞാനം ഉപാസനയുടെ അനുഷ്ഠാനം ഉപാസന ഭാവന അതുകൊണ്ട് യശപ്രാപ്തി അതിൽ നിന്ന് പ്രാപ്തമാകുന്ന യശസ് അതിൽ നിന്ന് പ്രാപ്തമാകുന്ന എന്തൊക്കെയുണ്ടോ യശസ് എന്ന് പറയുന്നു യശസ് മാത്രം പ്രാപ്തമാകുന്നു അല്ല ഇവിടെ നിന്ന് മേധ അത് പ്രാപ്തമാകുന്നു സമ്പത്ത് അത് പ്രാപ്തമാകുന്നു ഇതെല്ലാം ഈ ഉപാസന കൊണ്ട് പ്രാപ്തമാകുന്നു ഞങ്ങൾക്ക് രണ്ടു ആഷ്യനും യശസ് തന്നിമിത്തം ബ്രഹ്മവർച്ചസും അതുകൊണ്ടുണ്ടാകുന്ന തേജസ് ബ്രഹ്മവർജസ്സം തെച്ച സഹൈവ അസ്തു അതും രണ്ടുപേരിലും ഉണ്ടാകട്ടെ രണ്ടു കൂട്ടർക്കും ഉണ്ടാകട്ടെ ശിഷ്യവചനം ആശിഹി ഇതൊരു ആശംസനമാണ് ഒരു പ്രാർത്ഥനയാണെന്നുള്ളത് ശിഷ്യൻ പറയുക ആയസ് എനിക്കും ആചാര്യനും ഉണ്ടാകട്ടെ ്രഹ്മപറച്ചസ് ആ തേജസ് എനിക്കും ആചാര്യനും ഉണ്ടാകട്ടെ അപ്പോ ഈ ഉപാസന കൊണ്ട് ഉപാസനുണ്ടാകുന്ന മഹത്വം അതിനാണ് യേശസ്സെന്നും തേജസ്സെന്നും എല്ലാം പറയുന്നു ഉപാസന ഉപാസനുണ്ടാകുന്ന നന്മകൾ ആ ഉപാസകനില് ഈ ദുരധിഷ്ട നാശം കൊണ്ട് പുണ്യത്തിന്റെ വർധനവുണ്ട് സത്തായതെല്ലാം പ്രകാശിക്കും സത്യം പ്രകാശിക്കും നന്മ പ്രകാശിക്കും ശാന്തി പ്രകാശിക്കും അങ്ങനെയുള്ളതെല്ലാം പ്രകാശിക്കും ആ ജീവാത്മാവിൽ പ്രകാശിക്കും അതാണ് ബ്രഹ്മവർച്ചസ്വം എന്നും മറ്റും പറഞ്ഞു തേജസ് എന്നും മറ്റും അതെന്തിനു വേണ്ടി ആ ആത്മജ്ഞാനപ്രാപ്തിക്ക് അത് ഭാഷ്യക്കാരൻ മുന്നോട്ട് പോത്മജ്ഞാനപ്രാപ്തിക്ക് ഇതെല്ലാം സഹായകമായി തീരുന്നു ആ സഹായകമായി തീരുന്നതിന് ഇവിടെ യശസ്സെന്നും ബ്രഹ്മപ്രചസ്സം എന്നും മറ്റും പറയുന്നു അപ്പോൾ ആത്മജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്ന അദൃഷ്ടങ്ങൾ മാറിക്കഴിയുമ്പോൾ അതിനാ അനുകൂലമായിരിക്കുന്ന ഘടകങ്ങൾ പ്രകാശിക്കും ഒരു ഉദാഹരണമായ മേധസ്സിനെ കുറിച്ച് ആ മേധ ആത്മജ്ഞാനത്തിന്റെ പ്രാപ്തിക്ക് ഒരു വിലക്ഷണമായ മേധ ആവശ്യമാണ് നമ്മൾ സാധാരണ പറയുന്ന തരത്തിൽ അതെന്താണോ വിശേഷപ്പെട്ട ഒരു ബുദ്ധിയെന്നോ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിൻ്റെ സാമർഥ്യമെന്നോ അസാമാന്യ ബുദ്ധി നമ്മൾ സാറിനെ പറയുന്നത് കുശാഗ്ര ബുദ്ധി എന്നൊക്കെ പറയും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ആത്മബോധത്തെ ഗ്രഹിക്കുന്നതിന് ഉള്ള ബുദ്ധി നമ്മൾ സാധാരണ പറയുന്ന വലിയ ബുദ്ധിമാന്മാരും ബുദ്ധി അത് ക്ഷിപ്തമായ ബുദ്ധിയായിരിക്കും ആ ബുദ്ധിയിൽ ഏകാഗ്രതയുണ്ടാവും പക്ഷെ അത് ക്ഷിപ്തമാകും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾക്ക് ആഗ്രഹിക്കുമ്പോൾ ആ വിഷയത്തിന് ഏകാഗ്രമാക്കാൻ വിഷയത്തിൽ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിക്ഷിപ്തമാകും അതാണോ വലിയ വലിയ ബുദ്ധിമാന്മാർ എല്ലാം ചിലപ്പോൾ അസ്വസ്ഥരായി ആത്മഹത്യ ചെയ്യുന്നു വലിയ ശാസ്ത്രജ്ഞന്മാർ അവർക്ക് ഏകാഗ്ര ബുദ്ധി പോകും ഏത് വിഷയത്തിലാണോ അവർ ആഗ്രഹിക്കുന്നത് അവിടെ ബുദ്ധി ഏകാഗ്രമാകും പക്ഷെ ആ വിഷയത്തിൽ നിന്ന് പിന്മാറിയാൽ ബുദ്ധി ക്ഷിപ്തമാകും സ്വസ്ഥത ചില പാളത്തിനെ തകർത്തുകളെ അപ്പോ ബുദ്ധി സാമർഥ്യത്തെ അല്ല ഇവിടെ പറയുന്നു വിഷയഗ്രഹണത്തിനുള്ള ആ സാമർഥ്യം അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ തത്വത്തെ വെളിപ്പെടുന്നതിനുള്ള ആ ബുദ്ധി സാമർഥ്യമല്ല ഇവിടെ എന്താണോ ആത്മബോധം പ്രകാശിക്കുന്ന സഹായിക്കുന്ന മേധ അതാ അതിന് ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കും അത് മനസ്സിനെ ഈ വിക്ഷേപം കൂടാതെ ഏകാഗ്രമാക്കി നിർത്തുന്നതിനെ സഹായിക്കുന്നതായിരിക്കും ഏകാഗ്രത വേണം അവിടെ വിക്ഷേപം പാടില്ല ലൗകികമായ മനസ്സിനത് രണ്ടും വരാം ചിലർക്ക് ഏകാഗ്രത കാണത്തില്ല വിക്ഷേപവും കാണത്തില്ല മൂഢമായിരിക്കും രണ്ടും കാണത്തില്ല വലിയ ഏകാഗ്രതയും കാണത്തില്ല അങ്ങനെയുള്ളവരാണ് ഇത് കേട്ടാൽ ഉടനെ ഉറങ്ങുന്നത് അവിടെ ചിന്തിക്കാനൊന്നുമില്ല അതുകൊണ്ട് മനസ്സ് വിക്ഷിപ്തമാകുന്നില്ല വിശേഷിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിയാൻ ഒരിടമുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് ചെയ്യാൻ പണിയുമുണ്ട് ഇനി എന്ത് ചിന്തിക്കാനും അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ കേട്ടാൽ ഉറങ്ങാം അത് മൂഢം മുഠമായ മനസ്സെന്ന് പറയും ഘോരമായ മനസ്സുണ്ട് ഇവിടെ പറയാൻ കൊള്ളത്തില്ല എന്നുണ്ട് ഞാൻ പറയുന്നുതമായ മനസ്സ് ആ ക്ഷിപ്തമായ മനസ്സ് ഏകാഗ്രത വരും അതല്ല ഇവിടെ എന്താണോ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു അത് മനസ്സിൽ നിന്ന് വിക്ഷേപങ്ങൾ അകരുന്ന മനസ്സ് അതാ ശാന്തമായ മനസ്സ് ഏകാഗ്രമായ മനസ്സ് മാലിന്യങ്ങളില്ലാത്ത മനസ്സ് ഈ ദുരതിഷ്ടങ്ങൾ അത് ഒരുപാട് അടിഞ്ഞുകൂടാത്ത മനസ്സ് പാപമില്ലാത്ത മനസ്സ് അമേധ ബ്രഹ്മവർച്ചസം തേജ എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ ആ ജീവന്റെ മഹത്വമായി വരുന്നത് അത്യജസ് ഇതൊക്കെയാണ് അത് സഹൈവ അസ്തു ശിഷ്യന്റെ ഒരു ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് എന്റെ ഉപാസനയുടെ എല്ലാം ഫലമായി അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ ഗുരുവിനും ഉണ്ടാകട്ടെ ശിഷ്യനും ഉണ്ടാകട്ടെ ശിഷ്യൻ എന്തിനകത്ത് ഉണ്ടാകുന്നത് പ്രമാദങ്ങൾ ഒഴിവാകാം വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ തോന്നാതിരിക്കുക പ്രമാദം വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ പ്രമാദം വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുകയോ പ്രമാദം ഇതിനൊക്കെയാണ് പ്രമാദം എന്ന് പറഞ്ഞു ഇത് വരാൻ പാടില്ല ശിഷ്യൻ ആചാര്യനും കൂടെ ചേർത്ത് പറഞ്ഞു ആചാര്യന്റെ ഒരു സേവയൊന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രമാദം വരരുത് അതുപോലെ എൻ്റെ ആചാര്യനും പ്രമാദമൊന്നും വരരുത് എന്നാണ് സാറിന് പറയുന്ന പോലെ ലോക സമസ്തോ ഭവന്ത പ്രാർത്ഥിക്കുന്നവന് പാര പണിഞ്ഞിട്ടാണെന്ന് പറയുന്നത് ആ പണി കഴിഞ്ഞ് ഉടനെ അടുത്തിതാണ് പ്രാർത്ഥിക്കുന്നു ലോകത്തിന് മുഴുവൻ ലോകത്തിന് മുഴുവൻ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവനെ മാത്രമേ ഉപദ്രവിക്കുന്നുള്ളൂ പക്ഷെ ലോകത്തിനല്ല അതുപോലെ ഇവിടെ ശിഷ്യനും പറയുന്നു എനിക്ക് ഇതൊക്കെ വരട്ടെ എന്റെ ആചാര്യനും വരട്ടെ എന്നാ അത് പറയുന്നത് ആചാര്യനും പ്രമാദം വല്ലതും വരും അത് വരത്തില്ല വർഷകാരം പറയുന്നത് ശിഷ്യ അകൃതാർത്ഥത്വ പ്രാർത്ഥന പദ്ധതി ശിഷ്യൻ അങ്ങനെ പറയുന്നു എന്താണോ ശിഷ്യ അകൃതാർഥത്വ ശിഷ്യൻ കൃതാർത്ഥനല്ല എന്നുവെച്ചാ നേടേണ്ടത് നേടിയവനല്ല ശിഷ്യനൂടെ ഉത്തമനാണ് യോഗ്യനാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചവനാണ് ഉപാസനയെ അനുഷ്ഠിക്കുന്നവനാണ് എന്നാലും കൃതാർത്ഥനാകുന്നില്ല അവന് പോരായ്മകളുണ്ട് അതുകൊണ്ട് അവന് പ്രാർത്ഥന വേണം അവന്റെ ആ പോരായ്മകൾ പരിഹരിക്കുന്നത് അവൻ്റെ പൂർണ്ണതയ്ക്ക് അത് ആവശ്യമാണ് ആചാര്യന് വേണ്ടിയല്ല ഈ പ്രാർത്ഥന ആചാര്യന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ആചാര്യ പ്രമാദമൊന്നുമില്ല ആചാര്യൻ നിറക്ക് കടന്നു കഴിഞ്ഞാളാണ് ആചാര്യന് വേണ്ടുവോളം തപസ്സും സ്വാധ്യായവും എല്ലാം പൂർത്തിയായവനാണ് ആചാര്യന് വേണ്ടി ശേഷൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കൃതാർത്ഥത്വ ആചാര്യൻ കൃതാർത്ഥനാണ് എന്നാലും ഇത് വൈദികമായ മന്ത്രമാണ് അത് ഒരാചാരം നമ്മൾ നൽകി അതങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ കൃതാർത്ഥനായ ആചാര്യനെയും കൂടി ഇരുന്നോട്ടെ ആചാര്യനും വിശേഷിച്ച ഫലവും ചെയ്യാനല്ല പക്ഷെ അത് പ്രാർത്ഥന സൂര്യൻ ജലിക്കുന്നത് പോലെ അത് സർവർക്കും പ്രകാശിക്കുന്നു നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി പ്രകാശിക്കുന്നു അപ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം അതെന്താണോ നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി ഉണ്ട് അനുഗ്രഹം നന്മ ചെയ്യുന്നവനും ആ അനുഗ്രഹത്തെ ആശ്രയിച്ചിട്ടാണ് തിന്മ ചെയ്യുന്നവനും അതിനെ തന്നെ ആശ്രയിച്ചിട്ടാണ് അവനും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതുമല്ല അപ്പോൾ ആ ഈശ്വരന്റെ കൃപ സർവ്വപ്പോ ഒരുപോലെ ആയിരിക്കും അതിനെ ഉപയോഗപ്പെടുത്തുന്നത് പലതരത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും ഉപയോഗിക്കും ധർമ്മത്തിനും അധർമ്മത്തിനും ഉപയോഗിക്കും അതുപോലെ വൈദികമായ പ്രാർത്ഥനയും സർവർക്കും വേണ്ടി എല്ലാവരെയും ഉൾപ്പെടുത്തി ആചാര്യനെ ഉൾപ്പെടുത്തി ശിഷ്യനെ ഉൾപ്പെടുത്തി പക്ഷെ എന്നാൽ ഇത് ഫലം ചെയ്യുന്ന എവിടെ ആചാര്യന് ഇത് പ്രത്യേകിച്ച് ഫലമൊന്നും ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല പക്ഷെ അത് ശിഷ്യനിൽ ഫലം ചെയ്യുന്നു ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ കൃതാർത്ഥനാണ് നൗ എന്ന് ദിവജനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആചാര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ആചാര്യന് കൃതാർത്ഥന അല്ല അങ്ങനെ നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല സാറിന് പറയുന്ന പോലെ ആചാര്യനെ സേവിക്കുന്നു ഗുരുവിനെ സേവിക്കുന്നു എന്ന് പറയുന്നു വാസ്തവത്തിനും ഗുരുവിന് സേവയുടെ ആവശ്യമൊന്നുമില്ല സേവ എന്ന് എന്താണ് അവന്റെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ നന്മയ്ക്ക് അവൻ സേവ ചെയ്യുന്നത് എന്നാലും പറയും ആചാര്യന്റെ സേവയാണ് ആചാര്യനെ സേവിക്കുന്നു എന്ന് പറയുന്നു അതുപോലെയാണ് സഹനോയസഹ ആ എസ് എന്താണോ എനിക്ക് പ്രാപിക്കട്ടെ എന്നാ അവിശേഷതകളെല്ലാം എന്നെ സംഭവിക്കട്ടെ എന്താണോ ആത്മവിദ്യയുടെ പ്രാപ്തിക്ക് എനിക്ക് തടസ്സമായിരിക്കുന്നത് അതിനെ പരിഹരിക്കത്തക്കതായിത്തീരട്ടെ എന്നിൽ ഉണ്ടാകുന്ന എല്ലാ നന്മകളും എല്ലാ വിശേഷതകളും അതിനെല്ലാം ഉപകരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് സമ്പത്ത് പോലും അതിനുപകരിക്കും എന്നാളത്തെ ഭാഷകാരം പറയും ഒന്നിനെയും വിടുന്നില്ല സഹനു ബ്രഹ്മവർച്ച ആ തേജസ് അത്തേജസ് ഇന്ദ്രിയങ്ങളുടെ തേജസ് ബുദ്ധിയുടെ തേജസ് ഇവയെല്ലാം അതെനിക്കുണ്ടാവട്ടെ എന്നാലേ ഇത് ഫലം ചെയ്യും അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകളാണ് ഫലം ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടിവിടെ സൂചിപ്പിക്കുന്ന എന്താണ് ഉപാസനയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല അല്ല നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃതാർത്ഥനായിരിക്കണം എനിക്കിനിയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടവനായിരിക്കും എന്നാൽ പിന്നെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഉപാസനകൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത് സഹനവയ സഹ सहनो ब्रह्मवर्चसं സഹനു ബ്രഹ്മവർച്ചസം അഥാഹ സംപനിഷദം വ്യഖ്യ പഞ്ചസ്വധി अधि അധിോകം അധിജ്യോതിഷം അധിവിദ്യം അധി പ്രജ്ഞം अध्यात्मं ചക്ഷേ അധിോകം പൃഥിപൂർവ്യോരുത്തരൂപകാശി